അധ്യായം എട്ട് അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ ഏഴാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല ഒരുമനപ്പെട്ട് വന്നുകൂടി യഹോവ ഇസ്രയേലിനെ കൽപ്പിച്ചുകൊടുത്ത മോശയുടെ ന്യായ പുസ്തകം കൊണ്ടുവരുവാൻ യസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു ഏഴാം മാസം ഒന്നാം തീയതി യെസ് പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ടുഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ കൊണ്ടുവന്നു നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്തു വച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം സർവജനവും ശ്രദ്ധിച്ച് കേട്ടു ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ യസറാശാസ് കയറിഞ്ഞുന്നു അവന്റെ അരികെ വലത്തുഭാഗത്ത് മധിത്യാവോ ഷേമ അനായാവോ ഊരിയാവ് ഹിൽക്കിയാവ് മയസെയാവ് എന്നിവരും ഇടത്തുഭാഗത്ത് പെതായാവ് മീശായേൽ മൽക്കിയാവ് ഹശു ഹസ്ബദ്ദ സഖരിയ മെസുല്ല എന്നിവരും നിന്നു യസ്ര സകലജനവും കാണകെ കാണെ പുസ്തകം വിടർത്തു അവൻ സകല ജനത്തിനും മീതെ ആയിരുന്നു അത് വിടർത്തപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു യസ്ര മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു ജനമൊക്കെയും കൈയുയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു ജനം താന്താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ ബാനി ഷേരബ്യാവ് യാമീൻ അക്കൂ ഷബത്തായി ഹോതിയാവ് മയസെയാവ് തിലീത്ത അസരിയാവ് യോസാബാദ് ഹാനാൻ പെലായാവ് എന്നിവരും ലേവിരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ച് കൊടുത്തു ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ യസ്ര പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു നിങ്ങൾ ദുഃഖിക്കരുത് കരകയുമരുത് എന്നു പറഞ്ഞു ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു അനന്തരം അവൻ അവരോട് നിങ്ങൾ ചെന്ന് മൃഷ്ടാന് മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം പകർച്ച കൊടുത്തയ്പീൻ ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു നിങ്ങൾ ദുഃഖിക്കരുത് യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു ഔവണ്ണം ലേവ്യരും നിങ്ങൾ മിണ്ടാതിരിപ്പി ദിവസം വിശുദ്ധമല്ലോ നിങ്ങൾ ദുഃഖിച്ചിരിക്കരുത് എന്ന് പറഞ്ഞ് സർവ്വജനത്തെയും സാവധാനപ്പെടുത്തി തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു പിറ്റേനാൾ സകല ജനത്തിന്റെയും ഹൃദർഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ന്യായപ്രമാണ വാക്യങ്ങളെ കേൾക്കേണ്ടതിന് യസ്രാശാസ്ത്രിയുടെ അടുക്കൽ ഒന്നിച്ചുകൂടി യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ ഇസ്രയേൽ മക്കൾ ഏഴാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കേണമെന്നും െഴുതിയിരിക്കുന്നതുപോലെ കൂടാരങ്ങൾ ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ മലയിൽ ചെന്ന് ഒലിവൊമ്പ് കാട്ടൊലിവൊമ്പ് കൊഴുന്തുകൊമ്പ് ഈന്തുമടൽ തഴച്ച വൃക്ഷങ്ങളുടെ കൊമ്പ് എന്നിവ കൊണ്ടുവരുവിനെന്ന് തങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും എരിശിലേമിലും അറിയിച്ചു പ്രസിദ്ധപ്പെടുത്തണമെന്നും എഴുതിയിരിക്കുന്നതായി അവർ കണ്ടു അങ്ങനെ ജനം ചെന്ന് ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിന്റെ മുകളിലും മുറ്റത്തും ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിലും നീർവാതുക്കലെ വിശാല സ്ഥലത്തും എഫ്രൈം വാതുക്കലെ വിശാല സ്ഥലത്തും കൂടാരങ്ങളുണ്ടാക്കി പ്രവാസത്തിൽ നിന്ന് മടങ്ങിവന്നവരുടെ സർവസഭയും കൂടാരങ്ങളുണ്ടാക്കി കൂടാരങ്ങളിൽ പാർത്തു നൂന്റെ മകനായ യോസുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രയേൽ മക്കൾ അങ്ങനെ ചെയ്യാതിരുന്നതുകൊണ്ട് അന്ന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കൾപ്പിച്ചു അങ്ങനെ അവർ ഏഴു ദിവസം ഉത്സവമാചരിച്ചു എട്ടാം ദിവസം നിയമപ്രകാരം വിശുദ്ധ സഭായോഗം കൂടുകയും ചെയ്തു